ഒരാളിനോട് വന്ന് ചോദിച്ചു ഒരു ഗീതാ പ്രഭാഷണം നടക്കുമ്പോ കണ്ട ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ഉണ്ട് എന്റെ അടുത്ത് വന്നു ഞാരാ മനസ്സിലായി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെ തേരിനും നട്ടിമാല കെട്ടണ ആളല്ലേ മനസ്സിലായിന്ന് പറഞ്ഞു ഷേ അസംബന്ധം പറയണോ എന്താ ഞാൻ കൽക്കി ഭഗവാനാണോ എന്ന് പറഞ്ഞു ഓ അസ്ത്ര നടന്നതാ അവരുടെ അടുത്ത് ഗീതായജ്ഞം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് തോന്നിപ്പോയിരിക്കണു പിന്നെ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം പഞ്ചായത്തിനും പഞ്ചായത്തിന് കൽക്കി ഭഗവാനുണ്ട് അപ്പൊ അദ്ദേഹം കൂടെ ആയാപ്പോ എന്താ കുഴപ്പം മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ ധാരാളം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇപ്പൊ അദ്ദേഹമായി പാലക്കാട് ഒരുക്കിയ ഗീതായജ്ഞം നടക്കുമ്പോ ഉണ്ടായ സംഭവമാണ് എന്തെങ്കിലും താനാണെന്ന് തോന്നി പോവുക ആളുകൾക്ക് താനൊന്നുമല്ല നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിക്കേണ്ടത് എന്തോ ഒരു ചോദ്യം ചോദ്യം എനിക്ക് ഓർമ്മയില്ല ടോക്സ് വിത്ത് മഹർഷിയിൽ ചോദിക്കുന്നുണ്ട് എന്തോ ഷുഡ് വി നോട്ട് ബി ദി എന്തോ ഒരു ചോദ്യം വരുന്നുണ്ട് അതിന് ഭഗവാന്റെ ഉത്തരം യുവർ പർപ്പസ് ഈസ് നോട്ട് ടു ബി ദിസ് ഓർ ദാറ്റ് ബട്ട് ടു ബി വാട്ട് യു ആർ ഇതോ അതോ അവലല്ല എന്ന തൊഴിൽ നീ എന്താണോ അതായിട്ടിരിക്കുകയാണ് വേണ്ടത് നമ്മളല്ലാതെ എന്തെങ്കിലും നമ്മളായാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല നമുക്ക് ശാന്തി ഉണ്ടാവില്ല നമ്മളല്ലാതെ എന്തിനെങ്കിലും നമ്മൾ അനുകരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പൊ ദൃശ്യത്തിൽ നിന്നും മനസ്സ് പിൻവലിയുകയും സ്വസ്ഥമായി ദൃക്കിലിരിക്കുകയും അതിനാണ് സ്വസ്ഥം എന്ന പേര് മലയാളത്തിന് നമുക്ക് സാധാരണ ഉള്ള ചലമാണ് സ്വസ്ഥം അല്ലേ ചോദിക്കും സ്വസ്ഥം ശരിക്കാവണമെങ്കിൽ സ്വത്തിൽ സ്ഥിതവനാകണം തന്നിൽ ഇരിക്കണം തന്നിൽ ഇരുന്നാൽ അവന്സ്വസ്ഥനെന്ന് പേരും അവൻ ശിവത്തിൽ പ്രതിഷ്ഠിതനാണ് അങ്ങനെ തന്നിൽ ഇരുന്നു കഴിയുമ്പോൾ അന്യം ഗുണേഭ്യകർത്താരം യഥാദൃഷ്ടാനുപശ്യതി അയാളിൽ എന്തൊക്കെ വികാരങ്ങളും വിചാരങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും അതൊക്കെ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് അഭിമാനിക്കുന്നില്ല ഗുണങ്ങൾ ഗുണവിഷയങ്ങളോട് പ്രവർത്തിക്കുകയാണ് വീട്ടിനകത്തൊരു നായിനെ കെട്ടിയിട്ടാൽ കെട്ടിയിട്ട നായ തെരുവിൽ പോകുന്ന നായിനെ കണ്ട് കുരയ്ക്കും അതുപോലെ ഉള്ളിലുള്ള സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ വെളിയിൽ വിഷയത്തിനെ കണ്ട് സംബന്ധം പുലർത്തും യജമാനൻ പേപ്പർ വായിച്ചു ഈ സീചെയറിൽ കിടക്കുന്ന യജമാനൻ വീട്ടിനകത്തുള്ള പട്ടികളുടെ കൂടെ ചേർന്ന് കുറയ്ക്കൊന്നുമില്ലല്ലോ പുറത്ത് തെരുവിൽ പോണ പട്ടിയെയും വീട്ടിനകത്തുള്ള പട്ടിയെയും അയാൾ നോക്കിക്കൊണ്ടിരിക്കണ പോലെ സാക്ഷി ചൈതന്യം അകമയുള്ള ഗുണത്തിന്റെ ചലനത്തിനെയും വിഷയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കും അത് അതിന്റെ ചലിക്കട്ടെ അന്യം ഗുണേഭ്യകർത്താരമിത ദൃഷ്ടാനു പശ്യ പഴ പാക്കനാരെ കുറിച്ചൊരു കഥ പറയും പാക്കനാരൊരു ദിവസം വളരെ വിശന്നിട്ട് നടക്കുമ്പോൾ വഴിയിൽ ഒരാൾ പഴം വിൽക്കാൻ വെച്ചിരിക്കുന്നു അപ്പൊ പാകനാർക്കും വലിയ വിശപ്പുണ്ട് ഭക്ഷണം കിട്ടാനും വഴിയില്ല ഈ പഴക്കച്ചവടക്കാരൻ്റെ അടുത്തുനിന്ന് കാശ് കൊടുത്തു പഴം വാങ്ങിക്കാൻ കാശില്ലാതെ അപ്പൊ അയാള് പഴം ഒക്കെ അവിടെ വെച്ചിട്ട് അയാൾ എവിടെയോ പോയിട്ടുണ്ട് അപ്പോ എടുത്താലോ എന്നൊരു തോന്നല് വേണ്ട തോന്നല് വിശപ്പ് സഹിക്കുവയ്യ അവസാനം രണ്ട് പഴം എടുത്ത് തിന്നു ഇത് കണ്ടത് അയാള് നല്ല അടി കൊടുത്തു അടി കൊടുത്തപ്പോ ആക്കനാർ പറഞ്ഞു രണ്ടെണ്ണം കൂടെ കൊടുക്കുക അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാതെ പോയി എടുത്തുവല്ലോ രണ്ടെണ്ണം കൂടെ കൊടുക്കുമെന്ന് രണ്ടു തല്ലുകൂടെ കൊടുക്കും അപ്പൊ എന്താ തന്റെ മനസ്സിനെയും തന്റെ ആഗ്രഹത്തിനെയും തന്റെ ശരീരത്തിനെയുമൊക്കെ തന്നിൽ നിന്ന് അന്യമായി കണ്ടാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഗുണേഭ്യ പരം താൻ ഗുണങ്ങളിൽ നിന്നൊക്കെ അതീതനാണെന്നും ഗുണങ്ങൾ ഗുണങ്ങളോട് പ്രവർത്തിക്കുന്നു ഗുണങ്ങൾ ഗുണങ്ങൾക്കനുസരിച്ച് ലോകത്തിൽ പ്രവർത്തിക്കുന്നു ഇന്നലെ പറഞ്ഞുവല്ലോ പാമ്പാണെങ്കിൽ വിഷം ഉണ്ടാവും ഓരോരുത്തർ എങ്ങനെ എങ്ങനെ ഏതേത് സ്വഭാവത്തിന് ജനിച്ചിരിക്കുന്നു അതിനനുസരിച്ചുള്ള സ്വഭാവം അയാളിൽ കാണും അതിനനുസരിച്ചുള്ള കർമ്മം അയാൾക്കുണ്ടാവും ആ കർമ്മം ചെയ്യുന്നത് അയാൾ കേടുവന്നു പോകുകയില്ല അങ്ങനെ അല്ലെങ്കിൽ അർജുനനോട് യുദ്ധം ചെയ്യൂ എന്ന് കൃഷ്ണൻ പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അർജുനന്റെ ഉള്ളിലുള്ള സ്വഭാവം യുദ്ധവാസനയാണ് അയാൾ അമ്പും വില്ലും ചുവട്ടിൽ വെച്ചിട്ട് കാര്യമില്ല അയാൾ ഉള്ളിൽ യുദ്ധം ചെയ്യും സ്വഭാവവിഹിതം കർമ്മ കുറുവൻ ആപ്നോദിക്കിൽ വിഷം നീ അകമേക്ക് യുദ്ധം വെച്ചുകൊണ്ട് പുറമേക്ക് ശാന്തിയുടെ കൂട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ കോൺഫ്ലിക്ട് ഉണ്ടല്ലോ ശരി ഒരു കാര്യം ചെയ്യൂ ആ ശരീരം ഇപ്പൊ യുദ്ധം ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റില്ല അത് നടക്കട്ടെ പൂച്ചയുടെ അടുത്ത് പോയി വെജിറ്റേറിയൻ ആവാൻ പറഞ്ഞു അത്രയോ ഒരു സ്വാമി പൂച്ച പറഞ്ഞു എനിക്കും ഇത്തിരി ശാന്തി വേണ്ടില്ല വെജിറ്റേറിയൻ ആവണം പക്ഷെ എലിയെ കണ്ടാൽ തിന്നാതിരിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം അപ്പൊ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു നാഹം മൂഷികം ഭക്ഷയാമി എന്ന് ഒരു മന്ത്രം നാഹം മൂഷികം ഭക്ഷ്യമി ഞാൻ മൂഷികനെ തെന്നില ആഘുവിനെ തെന്നില എന്നൊക്കെ മന്ത്രം എലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ദിവസം ഒരു ജപമാല വെച്ചോണ്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം എന്തോ മന്ത്രം ജപിക്കണതിന്റെ ഇടയിലെ കർഗർഗൻ ശബ്ദം കേൾക്കണം അപ്പൊ സ്വാമി ചോദിച്ചു എന്താപ്പായിൽ എന്തോ ഈ വഴിക്ക് പോയി എടുത്ത് വായിലിട്ടു വായുപാട്ടൻ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണുണ്ട് വായുന്റെ ഉള്ളിൽ ഒരു എലിയും കിടക്കണത്രേ അതിന്റെ സ്വഭാവമാണ് പ്രകൃതിയാണേ പ്രകൃതേ അന്യഥാഭാവോ ന കഥഞ്ചിത് ഭവിഷ്യത്തി എന്നാണ് അപ്പൊ ആ പ്രകൃതി അതെ പാട്ടിൽ കളിക്കട്ടെ പ്രകൃതി പ്രകൃതിയുടെ ധർമ്മത്തിനനുസരിച്ചിരിക്കുന്നു ഞാൻ പ്രകൃതിയിൽപ്പെട്ടവനല്ല ഞാൻ സാക്ഷിയാണ് ഇനിയും അല്പം അങ്ങട്ട് പോയാൽ സാക്ഷി പോലുമല്ല ഞാൻ കേവലാദ്വയസ്വരൂപനാണ് എന്നിൽ ഈ പ്രകൃതി വെറുതെ ഒരു തോന്നൽ മാത്രമാണ് എന്നും കാണും അപ്പൊ ദ്വൈതം കടന്നുപോകും ഞാൻ സാക്ഷിയും എനിക്ക് കാണപ്പെടുന്ന വസ്തുവുള്ളത്തോളം കാലം ദ്വൈതമുണ്ട് അതുകൊണ്ടാണ് സാങ്ക്യ സിദ്ധാന്തം പൂർണ്ണമാവാത്ത് അവിടെ കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവുമുണ്ട് അതുകൊണ്ടാണ് അദ്വൈതി പറഞ്ഞത് പോരാ എന്ന് പറഞ്ഞത് ഇവിടെ ദ്വൈതമുണ്ടോ കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ അതുകൊണ്ടാണ് ന സാങ്ക്യം ന ശൈവം ന തത്പാഞ്ചരാത്രം ന ജൈനം ന മീമാംസ കാർ മതം വ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാ തദേകോവശിഷ്ട ശിവലൂഹം എന്ന് പറഞ്ഞ സാങ്ഖ്യം അവിടെ പൂർണ്ണമല്ല അപ്പൊ എന്ത് ചെയ്യും ദ്വൈതം വാസ്തവമല്ല രണ്ടില്ല ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ആ വസ്തു എന്താണ് ഉണ്ട് എന്നുള്ള ഉണർവ് രൂപത്തിൽ ഞാൻ എന്നുള്ള ബോധരൂപത്തിൽ ഏതൊന്ന് സിദ്ധമാണോ ആ സിദ്ധമായ വസ്തുവിൽ ഞാൻ അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്ന് പൊന്തുന്ന മനസ്സും മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വ്യാപരിച്ച് ദൃശ്യത്തിൽ ചെന്ന് കലക്കുന്നതും സത്യമല്ല സനകസനത്കുമാരാദികൾ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവിനോട് ചോദിക്കുകയും ബ്രഹ്മാവ് ആ പ്രശ്നത്തിനുള്ള ഉത്തരം ചിന്തിച്ച് ഭഗവാൻ ഹംസരൂപത്തിൽ മുമ്പിൽ വരികയും ചെയ്തിട്ട് പറഞ്ഞുകൊടുക്കുന്ന ഉത്തരം ഇതാണ് സനഗാദികൾ പറയുന്നത് അതാണ് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു വിഷയങ്ങളിൽ ചെന്ന് കലക്കുന്നു വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ അകമയ്ക്ക് ചെന്ന് മനസ്സിൽ വാസനാരൂപമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു എങ്ങനെ ചാടും പുറത്ത് ഈ ദ്വൈതത്തിൽ നിന്ന് എങ്ങനെ പുറത്തു പോകും അപ്പൊ ഭഗവാൻ പറയാണ് നിങ്ങളുടെ ചോദ്യം ശരിയില്ല വാചാരംഭോ അനർത്ഥക ഇവിടെ പലതുണ്ടെങ്കിലല്ലേ പോക്കും വരവുമൊക്കെ ഉള്ളൂ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും എന്തൊക്കെ കാണപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ മത്തോ അന്യത് ഇതിബുദ്ധമഞ്ജസ സുഷുപ്തിയിൽ സുഷുപ്തിയെ കാണുന്നവനും കാണപ്പെടുന്ന സ്വപ്നത്തിൽ സ്വപ്നത്തിനെ കാണുന്നവനും കാണപ്പെടുന്ന സ്വപ്നവും ഒരേ വസ്തുവാണ് രണ്ടാമതൊരു പൊരുളില്ല എന്നറിഞ്ഞാൽ എല്ലാത്തിനും അപ്പുറം പോയി സത്യത്തിൽ സ്ഥിതനായി അതാണ് ഗുണേഭ്യസ പരം വേത്തി എന്ന് പറഞ്ഞത് ദ്രഷ്ടാവ് ഗുണങ്ങൾക്കും പോയി കഴിയുമ്പോൾ ദ്വൈതവും ഇല്ലാതായി ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്ന അനുഭവം അയാൾക്കുണ്ടായി കഴിയുമ്പോൾ യാതൊന്നു കൺവതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ എന്ന് വരുമ്പോ നാരായണനേ ഉള്ളൂ കണ്ണു തുറന്നിരുന്നാലും യോഗസ്ഥിതിക്ക് കുറവൊന്നുമില്ല എന്തൊക്കെ ശബ്ദം കേട്ടാലും യോഗസ്ഥിതിക്ക് കുറവൊന്നുമില്ല മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങൾ വന്നാലും യോഗസ്ഥിതിക്ക് കുറവൊന്നുമില്ല സദാ സഹജ നിർവികൽപ സമാധിയാണ് കണ്ണടച്ച് ധ്യാനം കൊണ്ടൊന്നും നേടാനില്ല അയാൾക്ക് കണ്ണു തുറന്നുകൊണ്ടിരുന്നാലും അയാൾ യോഗസ്ഥിതനാണ് വാസുദേവ സർവം ഇതാണ് ഗീത അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് പറയണത് അവിടെ മദ്ഭാവം സ്വാധികച്ചതി അവൻ ഭഗവത്ഭാവത്തിനെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ അവൻ സ്വയമേവ ഭഗവത് സ്വരൂപിയായിട്ട് തീരണം ഭഗവാനായാലല്ലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് ഭഗവാനിൽ താനില്ലാതായിട്ട് തീരുകയും ഭഗവാൻ മാത്രമുള്ള സ്ഥിതിയിലേക്ക് വരികയും ചെയ്താൽ സർവത്തോ ഭദ്രം അയാളിനെ എല്ലാ ഉപദ്രവങ്ങളും വിട്ടുപോകുന്നു എന്നാണ് ഭാഗവതം പറയണത് നാരായണ കവചത്തിൽ പറയണതാണ് യഥോഹി ഭഗവാനേവ യഥാഹി ഭഗവാനേവ വസ്തുത സദ് അസച്ചയത് സത്യേന അനേനനസർവേ യാന്തു നാശമുപദ്രവാഹ അയാളെ എല്ലാ ഉപദ്രവവും വിട്ടുപോകുന്നു കാരണം ഭഗവാനേവസ്തുത സത് അസച്ച് സത്വം അസത്തും ഒക്കെ ഭഗവാൻ തന്നെ ഇവിടെ ഭഗവാനല്ലാതെ ഒന്നുമില്ല എന്ന് ഗുണാതീതൻ കാണുന്നു ഗുണങ്ങൾ ഉള്ളത്തോളം ഇത് കാണാൻ പറ്റില്ല എന്നിൽ സത്വഗുണമുള്ളത്തോളം സ ഞാൻ ആസക്തനാകും എന്നിൽ രജോ ഗുണമുള്ളത്തോളം ഞാൻ ആസക്തനാകും എന്നിൽ തമോ ഗുണമുള്ളത്തോളം ഞാൻ ആസക്തനാകും എപ്പോ ഞാൻ എൻ്റെ ഉള്ളിലുള്ള സത്വം രജസ്തമസ് എന്ന ഗുണത്രയങ്ങളെ കടന്നു പോകുന്നുവോ അപ്പോ ഗുണത്രയങ്ങൾ എന്നെയും ഈ കെട്ടിയിടൽ നിർത്തും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ഗുണാനേതാനീത്യത്രീൻ ദേഹീദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈ വിമുക്തോമൃതമു ഈ ശ്ലോകത്തിലാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിനെ കൃഷ്ണൻ പറയണത് വേറെ ഒരിടത്തും എത്രയും ക്ലിയറായിട്ട് ഇതിനെ പറയണില്ല ബാക്കിയൊക്കെ ശാസ്ത്രങ്ങളൊക്കെ വിചാരം ചെയ്ത് തുടങ്ങണത് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീരാനാണ് ബേസിക്കായിട്ട് നമുക്കുള്ള പ്രശ്നം എന്താ ജനിക്കുക ഇനിയിപ്പോ പുനർജന്മം എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ളത് എന്താ ജരാ വ്യാധി ഒക്കെ ഉണ്ട് ഈ ജന്മത്തില് പിന്നെ മരണം അവസാനം ഇതുള്ളത്തോളം കാലം എന്തൊക്കെ നേടിയെടുക്കുന്നവനും ഇവിടെ പരിഹാസ്യനാണ് അയാൾ നേടിയെടുക്കുന്നതിനെയൊക്കെ മരണം പരിഹസിക്കും ഏറ്റവും വലിയ ചക്രവർത്തിയുടെ പദത്തിനെയും മരണം പരിഹസിക്കും ആരെയും അതിന് ഭയമില്ല എല്ലാരെയും കൊണ്ടുപോകും വ്യാധി എല്ലാരെയും പരിഹസിക്കുന്നു വാർദ്ധക്യം പരിഹസിക്കുന്നു അപ്പൊ ഇത് മുമ്പിൽ ഉള്ളപ്പോ അതാണ് ബുദ്ധനും കണ്ടത് ബുദ്ധൻ അതാണ് പറയണത് എന്തോ കൊണ്ടായിട്ട് എന്ത് കാര്യം എതി ജന്മചരാമരണം ഭവേത് എതിഷ്ടവിയോഗയം എതി സർവമനിത്യമിതം ഇഹ് ജന്മനി കസ്യത്തിർന്ന് ഭവേത് ഇവിടെ ജന്മം ജരാമൃത്യു എന്നുള്ളതൊന്നും വരില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാം അനിത്യമല്ലായ ഒക്കെ നിത്യമായിരുന്നുവെങ്കിൽ ധാരാളം പണമൊക്കെ സമ്പാദിച്ച് ചക്രവർത്തിയായിട്ട് രാജ്യമൊക്കെ വെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കാമായിരുന്നു പക്ഷെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് വയസ്സാവും സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് മുറുക്ക് തിന്നാൻ പുറപ്പെടുമ്പോഴേക്കും വായിലുള്ള പല്ലൊക്കെ പോയി റിട്ടയർ ആയ ശേഷമാണ് ഒരാൾ ആലോചിക്കണത് ഇത്രയും കാലം ഒന്നും ഭക്ഷിക്കാൻ പറ്റിയില്ല ഇനി കുറച്ച് മുറുക്ക് വളരെ ഇഷ്ടമാണ് റിട്ടയർമെന്റ് ആയിട്ട് തിന്നാൻ പുറപ്പെടുമ്പോഴാണ് വായു പല്ലൊന്നും ഇല്ല എന്നാൽ മുഴുവൻ അങ്ങോട്ട് പോയാൽ സെറ്റ് പല്ല് വെക്കാന്ന് വെച്ചാൽ മുഴുവൻ ഒട്ടും പോണൂല രണ്ടു മൂന്നെണ്ണം നിൽക്കുകയും ചെയ്യണു ഡോക്ടർ പറയണു അത് എടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പൊ മുറുക്ക് തിന്നാ അത് തിന്നാൻ പറ്റില്ല തിന്നണ്ട എല്ലാണ്ട് ഒന്നും അനുഭവിക്കാൻ വയ്യ വളരെ സങ്കടം സ്ഥിതിയാണ് വലിയ വലിയ പണക്കാരുടെ സ്ഥിതിയാണത് എല്ലാം ഉണ്ട് ഒന്നും അനുഭവിക്കാം വയ്യ ധാരാളം സമ്പത്തുണ്ട് എന്ത് വേണമെങ്കി അനുഭവിക്കാം പക്ഷെ ഒന്നും പറ്റില്ല അയാളുടെ സ്ഥിതി ഒന്നാണ് ആഗ്രഹവും ഇഷ്ടംപോലെ ഉണ്ട് അത് എന്തു ചെയ്യും ആഗ്രഹം ഇഷ്ടം പോലെ ഉണ്ട് വസ്തുക്കളും ഉണ്ട് അനുഭവിക്കാനും പറ്റില്ല ഈ സ്ഥിതിയിൽ ഇതാണ് ബേസിക് പ്രോബ്ലം ജന്മ മൃത്യു ജരാ ദുഃഖി ജന്മം മൃത്യു ജരാ മൂന്നെണ്ണം ഭഗവാനോട് മുഖ്യമായി എടുത്തു പറഞ്ഞു വ്യാധിയെ പറഞ്ഞില്ലേ അത് ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് ഇതിന് എങ്ങനെ രക്ഷപ്പെടും ക്വസ്റ്റിനാണ് ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ല എന്തൊക്കെ നേടിയെടുത്തു നമ്മള് നേടിയെടുത്തതൊക്കെ തന്നെ ആകപ്പാടെ ഒരു പതിനഞ്ച് വയസ്സിനും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് നടുവിൽ അനുഭവിക്കാവുന്ന കുറെ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ നടക്കാം ഇനി ഇരിക്കാം പഴയ കാര്യങ്ങളൊക്കെ പറയാം അതൊക്കെ കഴിഞ്ഞാലോ എന്തൊക്കെ ഉണ്ടെങ്കിലും അവസാനം ചത്തുപോകും ചത്തുപോയി കഴിഞ്ഞാൽ കുറെ ഒരു ദിവസവും രണ്ടു ദിവസോ തലയ്ക്ക് അടിച്ച് കരയും അത് കഴിഞ്ഞാൽ മറന്നും പോവും ഇതാണ് അപ്പൊ നമ്മൾ ആപാടെ ജീവിതം ഇത് മാത്രമാണ് ഞാനെങ്കിൽ നമ്മളുടെ അമ്പലത്തിനും അധ്യാത്മികതയ്ക്കും ഒന്നും അർത്ഥമില്ല ലൗകിക ജീവിതത്തിനും അർത്ഥമില്ല ആകെ പടവിരസതും നമുക്ക് ഒന്നിനും കാര്യമില്ല എന്ന് തോന്നും ചിന്തിക്കാൻ തുടങ്ങിയ ഇതൊക്കെ മുമ്പിൽ കാണും അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും മനുഷ്യന് നിത്യമായി വല്ലതും ഉണ്ടോ ആ സ്ഥിതിയിലാണ് ഗുണാനേതാൻ അതീത്യത്രീൻ ദേഹീദേഹ സമുഭവാന് ദേഹത്തിൽ നിന്നും ഉണ്ടാവുന്നതായ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങൾ ദേഹം എന്ന് വെച്ചാൽ സ്ഥൂലദേഹം സൂക്ഷ്മദേഹം കാരണദേഹം മൂന്നും ഞാനല്ല സ്ഥൂലദേഹത്തിന്റെ കർമ്മവും എന്റെയല്ല സൂക്ഷ്മദേഹത്തിന്റെ ചിന്തകളും എന്റെയല്ല കാരണ ശരീരത്തിന്റെ ഉറക്കം മൂർച്ഛ്യാനം സമാധി യോഗം മുതലായിട്ടുള്ള സ്ഥിതികളൊന്നും എൻ്റെ അല്ല ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് ആകാശത്തിൽ അനേക നാമരൂപങ്ങൾ പൊന്തുകയും നിൽക്കുകയും മറയുകയും ചെയ്യുന്നത് കൊണ്ട് ആകാശത്തിന് ഒരു കുറവും വരാത്തതുപോലെ ചിതാകാശമേ സ്വരൂപമായി എനിക്ക് ഈ ശരീരം ഉണ്ടായതുകൊണ്ടൊന്നും കൂടിയില്ല ഈ ശരീരം മറഞ്ഞു പോകുന്നത് കൊണ്ടോ ഒന്നും കുറഞ്ഞില്ല ഈ ശരീരത്തിലൊരു വ്യക്തിബോധരൂപമായ അഹങ്കാരം ഉണ്ടായതുകൊണ്ടോ മറഞ്ഞുപോയതുകൊണ്ടോ എനിക്കൊരു നഷ്ടവുമില്ല ഈ അഹങ്കാരം മറഞ്ഞു പോകുന്ന സുഷുപ്തിയിൽ എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല എല്ലാം ഞാൻ നേടിയെടുക്കുകയാണ് ചെയ്തത് ദിവസം സുഷുപ്തിയിലുള്ള അനുഭവമാണ് ഈ അഹങ്കാരം പൊന്തി വരുന്ന ഭയമും ഈ അഹങ്കാരമുള്ളപ്പോഴുള്ള വ്യാകുലതയും അജിറ്റേഷനും ഡിപ്രഷനും ഒന്നും ഈ അഹങ്കാരം ലയിച്ചു പോകുന്ന സുഷുപ്തിയിലില്ല മാത്രമല്ല സുഷുപ്തിയിൽ ദിവസം ഞാൻ പൂർണനാണ് ചക്രവർത്തിയും ഭിക്ഷക്കാരനും രോഗിയും ആരോഗ്യമുള്ളവനും യുവാവും വൃദ്ധനും ഒക്കെ തന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ പൂർണന്മാരാണ് വ്യക്തിമണ്ഡലത്തിലേക്ക് ശരീരമണ്ഡലത്തിലേക്ക് ഉപാധി മണ്ഡലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ ഭേദങ്ങളും ഉണ്ടാവുന്നു എല്ലാ ഭേദത്തിനെയും നിരസിക്കുന്നതാണ് സുഷുപ്തി അവസ്ഥ പക്ഷെ അവിടെ ഇത്തിരി ആവരണമുണ്ട് അത് വരികയും പോവുകയും ചെയ്യുന്നു സുഷുപ്തിയിലും ഏതൊരു സത്തയുണ്ടോ ആ സത്ത സ്വപ്നത്തിലുമുണ്ട് ജാഗ്രത്തിലുമുണ്ട് ബാല്യത്തിലുമുണ്ട് കൗമാരത്തിലുമുണ്ട് വാർദ്ധക്യത്തിലുമുണ്ട് കൽപ്പങ്ങളും യുഗങ്ങളും കഴിഞ്ഞാലും അത് ഒരേപോലെ നിൽക്കും ബ്രഹ്മാവിലും അത് ഒരു പുഴുവിലും ഒരു ഏറ്റവും ചെറിയ ഒരു സെല്ലുലാർ യൂനി സെല്ലുലാർ ഓർഗാനിസം എന്ത് വേണമെങ്കിൽ പറയൂ എനിക്കതും വലിയ ഇതൊന്നും പിടിയില്ല ഏറ്റവും ചെറിയ ജീവിയിലേക്ക് പോയാലും അത് ആ സത്യമാണ് ഞാൻ എന്ന് അറിഞ്ഞുകഴിയുമ്പോ ജന്മമൃത്യുചരാ ദുഃഖൈ വിമുക്ത അമൃതമശ്ണുതേ അവന് ജന്മമില്ലായു പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ ഗീത തുടങ്ങണത് തന്നെ കഥാചിത് നം ഭൂത്വിതൂയത്യ ശാശ്വതോയം പുരാണു നന്യമാനേ ശരീരേ എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് പറയണു വാസാംസി ജീർണ്ണാൻ യഥാവിഹായ വസ്ത്രം മാറ്റണ പോലെ മാറുകയാണ് അപ്പൊ ആരാ ജനിക്കണത് ആരാ പോണത് ഈ പുനർജന്മം ഉണ്ടാവുന്നത് ന ജായതേ എന്ന് പറഞ്ഞ സത്യത്തിനല്ല പുനർജന്മത്തിലേക്കൊക്കെ പോണത് ഈ അഹങ്കാരമാണ് ആത്മാ അല്ല ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ അഹങ്കാരത്തിനെയാണ് ജീവനെന്നും മറ്റുമൊക്കെ വിളിക്കപ്പെടുന്ന ഈ സൂക്ഷ്മ ആണ് ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് പോകുന്നത് നിത്യസത്യത്തിന് ജനനവുമില്ല മരണവുമില്ല സൂക്ഷ്മ ശരീരത്തിനോട് പ്രാപിക്കുമ്പോൾ ജനന നിത്യവസ്തുവിനോട് യോഗം ബോധത്തോടുകൂടെ നിത്യവസ്തുവിന്റെ ബോധത്തോടുകൂടെ ഇരുന്നാൽ ഇവിടെ ജന്മമൃത്യു ജരാദുക്കൈ വിമുക്തോ അമൃതമു എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അർജുനൻ ചോദിച്ചു ഒരാൾ എങ്ങനെയാണ് ഈ ഗുണങ്ങളെ കടന്നു പോവുക എന്ത് സൈൻ വെച്ചുകൊണ്ടാണ് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാൾ ഗുണാതീതനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക ഭഗവാനെ അത് പറഞ്ഞു തരുമോ നോക്കുക അടുത്ത ശ്ലോകം അർജുന ഉച്ച കൈർഗസ്ത്രീൻ ഗുണാനേതാ അതീതോ പ്രഭോ കഥം ചൈതീ അധിവർ കൈ ലിംഗൈ ഛിസ്ത്രീൻ ഗുണാൻ എൻ ാന് അതീതീൻ വെച്ചാൽ ഇംഗ്ലീഷിലുള്ള ത്രീ തന്നെ സംസ്കൃതത്തില് ത്രീൻ രണ്ടുവന്ന് തന്നെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ സംസ്കൃതത്തിൽ നിന്ന് വന്നത് തന്നെയാണ് ത്രീൻ ഗുണാന് അതീതോ ഭവതി പ്രഭോ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറം എങ്ങനെ പോയി എന്ന് എന്ത് ലക്ഷണം വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും കിം ആചാര അയാളുടെ ആചാരം എങ്ങനെയുള്ളതാണ് കഹ അ ആചാര കഥം തേന ചകാരേണ് അതിവർത്തത ഏത് വിധത്തിലാണ് ഒരു സാധകൻ ഈ ഗുണങ്ങളെ കടന്നുപോവാ ഗുണങ്ങളെ കടന്നുപോയി സിദ്ധൻ എങ്ങനെ ഉണ്ടാവും സാധകന് വഴി എന്താണ് എങ്ങനെ ഇതിനെ കടന്നു പോവാൻ പറ്റും ഗുണാതീത ലക്ഷണം ഗുണേ ഗുണാതീതത്വ ഉപായം ചർജുന പൃഷ്ട അസ്മിൻ ശ്ലോകെ പ്രശ്നദ്വയാർത്ഥം പ്രതിവചനം ഭഗവാൻ ഉവാച ൈ ലിംഗൈഹ യുക്തോ ഗുണാതീതോ ഭവതി ശൃണു ഗുണാതീതൻ എന്താ ലക്ഷണം ഗുണാതീതൻ എങ്ങനെയാവും ഗുണാതീതന്റെ ലക്ഷണം എന്താണ് എങ്ങനെ എനിക്ക് ആ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും ഈ രണ്ട് ചോദ്യമാണ് ലക്ഷണം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയാൾ വലിയ മഹാത്മാവാണ് ശരി ഞാൻ എങ്ങനെ എനിക്ക് രക്ഷപ്പെടണമല്ലോ അതിനെന്താ വഴി കഥം ചെയ്താൻ ത്രീം ഗുണാൻ അതിവർത്തതേ അപ്പൊ ഈ രണ്ട് ചോദ്യമാണ് ഉത്തമചാധകന്മാരാരും വസ്തുനിഷ്ഠമായ ചോദ്യം ചോദിക്കില്ല ആത്മനിഷ്ഠമായ ചോദ്യമേ ചോദിക്കുകയുള്ളൂ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻസ് ആർ ടോട്ടലി മീനിങ്ച്വൽ ലൈഫ് ക്വസ്റ്റിൻ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്താ അർത്ഥം അല്ലേ വസ്തുനിഷ്ഠമായ ചോദ്യത്തിന് എന്ത് പ്രയോജനം അതുകൊണ്ടാണ് ഋഷികൾ കണ്ടു വസ്തുനിഷ്ഠമായി അവരെ വിചാരം ചെയ്യുന്നതിനേക്കാളും ആത്മനിഷ്ഠമായി വേണം കാര്യങ്ങളെ അറിയാൻ എന്നാണ് അവർ പ്രാമുഖ്യം കൊടുത്തത് ആത്മനിഷ്ഠമെന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഞാൻ പെട്ടുകിടക്കുന്നുവല്ലോ സംസാരത്തിൽ എനിക്ക് വിമുക്തിക്ക് മാർഗമെന്ത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ പറഞ്ഞത് ശ്രീഭഗവാൻ ഉച്ച പ്രകാശം ചവൃത്തി മോഹമേവ നേഷ്ടിസമ്പവൃത്ത നിവൃത്ത ഇവിടെ സത്വം രജസ് തമസ് എന്നുള്ളതിന് മൂന്ന് പേര് ഭഗവാൻ തന്നെ കോയിൻ ചെയ്തു പ്രകാശം പ്രവൃത്തി മോഹം പ്രകാശം എന്ന് വെച്ചാൽ സത്വഗുണം സത്വഗുണത്തിന്റെ ലക്ഷണമാണല്ലോ പ്രകാശം അപ്പോ ഗുണങ്ങളുടെ ലക്ഷണങ്ങളെ നല്ലവണ്ണം അറിഞ്ഞ തത്വജ്ഞാനി ഗുണങ്ങളെ അറിഞ്ഞവൻ അവൻ എങ്ങനെ വേണം ഈ ചോദ്യം ഈ തന്നെ നമുക്കുള്ള വഴികാട്ടല്ലണ്ട് സത്യത്തിനെ അറിഞ്ഞവൻ തത്വത്തിനെ അറിഞ്ഞവൻ ഗുണങ്ങളുടെ ആ ഓപ്പറേഷൻ നമ്മളിലുള്ള അതിന്റെ പ്രവൃത്തിയിൽ അയാൾക്ക് ശക്തിയില്ല അതുകൊണ്ട് അയാൾക്ക് സത്വഗുണമുള്ളപ്പോ നല്ല ധ്യാനവും ഭജനയും ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിലും അയാൾ വീണുപോവില്ല ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതൊന്നും ഞാനല്ല ഞാൻ നിശ്ചലമായ സത്യമാണ് എപ്പോഴും ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഭൂതം ഭാവി വർത്തമാന കാലങ്ങളിലൊക്കെ സത്തുമാത്രമായിട്ടുള്ള വസ്തുവാണ് ഞാൻ എന്ന് കണ്ടെത്തിയവൻ മനസ്സിൽ സാത്വിക വികാരങ്ങൾ ഉണ്ടാവുമ്പോഴും അതിലേക്ക് വീണുപോവില്ല സാത്വിക വികാരങ്ങൾ വരുമ്പോ അതിലിരിക്കുകയും അത് പോകുമ്പോൾ അയ്യോ അത് പോയിയല്ലോ ഇനിയും വരണമല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും അയാൾ ചെയ്യില്ല അതേപോലെ തന്നെ രജോഗ വരുമ്പോ രജോഗുണത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ രജോഗുണം വരുമ്പോ അത് പോകണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യണില്ലി ഡിറ്റാച്ച്ഡ് തന്റെ ശരീരത്തിനെ മറ്റൊരാളുടെ ശരീരം പോലെ കാണുന്നു എന്നാണ് പറയണത് പശ്യതി അന്യ ശരീരവ തീർന്നു രജോഗുണം വരുമ്പോ ആ രജോ ഗുണത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയോ കർമ്മം ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കാം പക്ഷെ അതിലും ആസക്തിയില്ല അതും പോകും എന്ന് അയാൾക്കറിയാം സത്വഗുണം വരുമ്പോ അപ്പോഴും അറിഞ്ഞുകൊള്ളുക ഇത് പോകും രജോ ഗുണം അപ്പോഴും അറിഞ്ഞോളുക ഇത് പോകും തമോ ഗുണം അപ്പോഴും അറിഞ്ഞോളുക അത് പോകും അയ്യോ ഇത് വന്നുവല്ലോ എന്ന് വിഷമിക്കണില്ല പോകണമെന്ന് മൂന്നും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം അല്ലേ രജോ ഗുണം പ്രവർത്തി വേണമോ അപ്പൊ വേണം രജോ ചിലർക്ക് ഇതിനൊരു ബാലൻസ് ഇല്ലെങ്കിൽ എന്താവും ഓഫീസ് ടൈമിലായിരിക്കും ഇയാൾക്ക് നാമം ജപിക്കാൻ തോന്നുക വീട്ടിൽ വന്ന് നാമം ജപിക്കാനിരിക്കുമ്പോൾ ഇയാൾക്ക് പ്രവർത്തിക്കണമെന്നും തോന്നും രാത്രി ഉറക്കം വരണം എന്ന് ഉറക്കം വരില്ല ഭഗവത്ഗീത കേൾക്കാൻ വരുമ്പോൾ ഉറക്കം വരും ഒക്കെ അസ്ഥാനത്തിന് ഇതൊക്കെ ബാലൻസ്ഡായ കറക്റ്റായി പ്രവർത്തി ചെയ്യേണ്ട സമയത്ത് പ്രവർത്തി ചെയ്യണം അതിൽ ആസക്തി ഒന്നുമില്ല അത് ധർമ്മമായിട്ട് ചെയ്യുന്നു ഉറങ്ങേണ്ട സമയത്ത് തമോ ഗുണം ഉറങ്ങുന്നു ആവശ്യത്തിനുള്ള തമോ ഗുണമാണത് അത് ദോഷമല്ല ധ്യാനിക്കാനും ഭജിക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ സത്യവും ഗുണം ഇനിയിപ്പോ ഇതൊന്നും നമ്മളുടെ വേണ്ട സമയത്ത് വന്നിട്ടില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല രാത്രി ഉറക്കം വന്നില്ലേ വേണ്ട വരണ്ട ഉറക്കം എന്നെ ഞാൻ ഉറക്കത്തിനെ ആശ്രയിക്കുന്നില്ല അറിഞ്ഞാ മതി ഉറക്കം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കുട്ടിക്കാലത്ത് ഇരുപത് മണിക്കൂർ ഉറങ്ങി ഇപ്പൊ ഉറങ്ങണണ്ടോ അതുകൊണ്ട് വല്ല കുഴപ്പം വന്നു നമുക്ക് ഒന്നുമില്ല അതേപോലെ ഉറക്കമില്ലെങ്കിൽ ഇല്ല അത്ര തന്നെ ഉറക്കം ഒരുപാട് വരണോ ശരി ഉറങ്ങൂ നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരണമല്ലോ ഭഗവാൻ എങ്ങനെ ജയിക്കും ധ്യാനിക്കാനിരിക്കുമ്പോ ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം ഉറങ്ങൂ എപ്പോഴെങ്കിലും ഉറക്കം പോവുമല്ലോ അല്ലെ ആ സമയത്ത് ധ്യാനിക്കൂ അപ്പൊ പിന്നെ ഉറക്കം വന്നാൽ ഉറങ്ങിക്കോളൂ എപ്പോഴും ഉറക്കം എന്നുള്ളത് തീർന്നുപോകും നിങ്ങൾ ഏതേതിനെ ദ്വേഷിക്കുന്നു അതത് സംരംഭയോഗം എന്നുള്ള ശക്തി നിങ്ങളെ വിട്ടുപോകാതെ കുറെ കാലം കൂടെ നിൽക്കും നിങ്ങൾ ഏതേത് വരണമെന്ന് കാക്ഷിക്കുന്നു ആഗ്രഹം അവിടെ ഉള്ളത് തന്നെ ആ വസ്തു വരാൻ കുറെ വൈകും അതുകൊണ്ട് തന്നെ പേടിക്കുന്ന വസ്തുക്കൾ വിട്ടുപോകാൻ വൈകും ആശിക്കുന്ന വസ്തുക്കൾ നമുക്ക് വരാൻ വൈകും അപ്പൊ രാഗവും ദ്വേഷവും ആരിലില്ലയോ ഗുണങ്ങളുടെ സ്വഭാവത്തിനെ നല്ലവണ്ണം അറിയുന്ന ഗുണാതീതൻ സത്വഗുണം വരുമ്പോഴും അറ്റാച്ചഡ് രജോഗുണം വരുമ്പോഴും അറ്റാച്ചഡ് അല്ല വരുമ്പോഴും അറ്റാച്ചഡ് അത് വരണമെന്നാഗ്രഹിക്കുകയോ വന്നു കഴിഞ്ഞത് വിട്ടുപോകണമെന്ന് ആഹ് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ പ്രകാശം ചവൃത്തി രജകാര്യം മോഹമേവ തേതേ സമ്പ്രവൃത്ത സമ്യക് വിഷയഭാവന ഉദ്ഭൂത പ്രത്യേക തേന അഹം മൂഢ തഥാ രാജസീ പ്രവൃത്തി മമ ഉത്പന്ന ദുഃഖാത്മക തന്നജസ പ്രവർത്തിച്ചിട്ട സ്വൂപ കത്തരൂാവസ്ഥാ ഭ്രംശ തുണ പ്രകാശാത്മാ വികിത്തം ആപാദയൻ സുഖന ച സഞ്ജയത്തി അസമ്യ ദർശി തദ്ഷ്ടി സമ്പ്രവൃത്ത സത്വാദി കാര്യാ ആത്മാനം പ്രതി പ്രകാശ്യ നിവൃത്താൻ കാക്ഷതി നുണാതീത നിവൃത്താൻ കാക്ഷതിന് പരപ്രത്യക്ഷം ലിംഗം തർ സ്വാത്മപ്രത്യക്ഷത് ആത്മവിഷയമേ എത്തത് ലക്ഷണം നീ സ്വാത്മവിഷയം ദ്വേഷം ആകാംക്ഷം വരഹ പശ്യത്തി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ അവനവൻ അവനവനിൽ കാണേണ്ടതാണ് വേറെ കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങനെ കണ്ടുപിടിക്കും ഗുണാതീതൻ അത് നല്ല കാലത്തിനും ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു ബാഹ്യമായ ലക്ഷണം പറഞ്ഞ ഇരിക്കുന്നവരൊക്കെ അടുത്തിരിക്കണവരും നോക്കും ആരും അവനവനും നോക്കില്ല ഈ ലക്ഷണങ്ങളൊക്കെ അവനവനും മാത്രം അറിയണത് കൊണ്ട് അവനവന്റെ ഉള്ളിൽ മാത്രം ഉള്ളത് കൊണ്ട് നമ്മള് വേറെ നിവൃത്തിയില്ല മറ്റുള്ളവരിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗുണാതീതൻ ഉദാസീനനാണ് ഉദാസീനൻ എന്ന് വെച്ചാൽ ഉയർന്ന സ്ഥലത്തിരിക്കുന്നവൻ ഉദാസീനൻ ഉത് ആസീനഹ എന്നാണ് മുകളിലിരിക്കുക മുകളിൽ ഇരുന്നാൽ ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മുകളിലിരിക്കും തോറും എനിക്ക് ഡിസ്റ്റൻസ് നിങ്ങൾക്കും എനിക്ക് ഡിസ്റ്റൻസ് വരും എത്ര കണ്ട് മുകളിൽ പോകുന്നു അത്ര ഡിസ്റ്റൻസ് വരും ഇപ്പൊ മദ്രാസില് പ്രഭാഷണം ഉണ്ടായിരുന്നു നാരദഗാനസഭയിൽ ഞാനിരുന്നിട്ട് ആളുകൾ ഇരിക്കുന്ന അത്ര ദൂരത്തിലായിരിക്കും എനിക്ക് ആ ഫസ്റ്റ് റോ അല്ലാതെ വരെ ആരെയും കാണും ഞാൻ ഒരു രണ്ടായിരം പേരുള്ള ഉണ്ട് ഒരാളെയും കാണില്ലേ എനിക്ക് ആ മുമ്പിലിരിക്കുന്ന റോവിലുള്ള ആളുകളെ കാണുള്ളൂ ബാക്കിലുള്ള ആളുകളൊന്നും കാണില്ല എന്താ ഡിസ്റ്റൻസ് വന്നു ഡിസ്റ്റൻസ് വരുമ്പോൾ ആ വസ്തുക്കൾ നമ്മൾ മുമ്പെന്ന് മറയും ഡിസ്റ്റൻസ് ആകും തോറും അവർക്ക് നമുക്കുള്ള സമ്പർക്കവും കുറയും അപ്പൊ ഗുണങ്ങളിൽ നിന്നും അകന്നു പോകും തോറും വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകും തോറും നമുക്കും അവർ നടുവിലെ സ്പേസ് ഉണ്ടാവും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്ക ഉദാസീനോ ഗുണൈര്യോ ഗുണാവർ യോവതിഷയങ്ങളുടെ പ്രവൃത്തിയിലൊക്കെ ഉദാസീനനായിട്ടിരിക്കണം എന്ന് വെച്ചാൽ ഡിസ്ഇൻട്രസ്റ്റഡ് ടച്ച് ലെസ് ോ ന വിചാല്യെ ഗുണങ്ങൾ കൊണ്ടൊന്നും അയാളെ ചലിക്കണില്ല ഗുണാവർത്തേ ആ വിഷയങ്ങൾ അതുമായിട്ട് ഇരിക്കണോ ഇരിക്കട്ടെ ഇത്യവതിഷ്ഠ അങ്ങനെ തന്നിൽ ഉറച്ച് സത്വഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ തമോ ഗുണോ തമോ ഗുണം കൊണ്ടോ ജ്ഞാനത്തിൽ ചലനമേർപ്പെടാതെ ഇരിക്കുന്നു ഉദാസീനവത് യഥാ ഉദാസീന കിത് പക്ഷം ഭജത്തെ തഥാ അയം ഗുണാതീതത്വോപായ മാർഗെ അവസ്ഥിത ആത്മവിത് ഗുണൈഹി വിചാല് വിവേകർശന അദ്ദേഹത്തിന് വിഷയാക്കാരപരിണതോന്യൻ വർത്തതി ഛന്ദോഭംഗഭയാത് പരസ്മൈപ്രയോന സ്വരൂപാവസ്ഥയിരിക്കുന്നു ഛലിക്കുന്നുലാ ഗുണങ്ങളിലൊന്നും വീണു പോകുന്നില്ല അകമേയുള്ള വാസനകളിലോ പുറമേ ഉള്ള വസ്തുക്കളിലോ വീണു പോകുന്നില്ല യോഗത്തിനേങ്ക അടുത്ത ശ്ലോകം സമദു സമലോഷ്ടാശ്മഞ്ചന തുല്യപ്രിയോയോധീര തുല്യനിന്ദാത്മസംസ്തുതി ഇതൊക്കെ ബാഹ്യ ലക്ഷണങ്ങളാണ് പുറമേക്ക് കണ്ടാൽ അറിയാവുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് സമദുഖ സുഖസ്വസ്ഥനാണ് തന്നിലാണ് മനസ്സിലല്ല ഈസ് നോട്ട് ഇൻ ദ മൈൻഡ് ഈസ് ഇൻ ദ സെൽഫ് അതുകൊണ്ട് മനസ്സിൽ വരുന്ന സുഖ ദുഃഖങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല സുഖങ്ങളിലും ദുഃഖങ്ങളിലും അയാള് സമമാണ് സ്വസ്ഥനാണ് സമലോഷ്ടാശ്മഞ്ചന സ്വർണമാണെങ്കിലും കല്ലാണെങ്കിലും ഇരുമ്പാണെങ്കിലും എന്നുവെച്ചാൽ ഒന്നിലും അയാൾക്ക് സമബുദ്ധിയാണ് ഒന്നും വ്യവഹാരത്തിൽ വ്യവഹാര പ്രാമുഖ്യം കൊടുക്കുമ്പോൾ എല്ലാം സമാവോ ഇല്ല വ്യവ പരമാർത്ഥ പ്രാമുഖ്യം ആർക്കൊണ്ടോ അയാൾക്ക് സമബുദ്ധി സാധ്യമാണ് വ്യവഹാര പ്രാമുഖ്യമുള്ളത്തോളം സമബുദ്ധി പറ്റില്ല സമലോഷ്ടാശ്മഞ്ചന ഒരു രാജാവ് ഒരു സന്യാസിക്ക് വലിയ മഹാത്മാ വലിയ ത്യാഗിയാണ് സന്യാസി എന്ന് അറിഞ്ഞ് രാജാവ് ആ സന്യാസിക്ക് വളരെ വിലപ്പെട്ട രണ്ട് മരകഥ കല്ലുകൾ കൊണ്ട് കൊടുത്തു രാജാവ് പറഞ്ഞു അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കണം ആദ്യം ഈ കല്ലുകളെ വർണ്ണിച്ചു വളരെ വർണ്ണിച്ചു ഇതിന്റെ വിലയൊക്കെ കൂടും അപ്പൊ അദ്ദേഹം നദിയുടെ തീരത്തിൽ ഇരിക്കുക അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മനസ്സ് എങ്ങനെ ശാന്തമാവും എന്ന് പറയൂ എനിക്ക് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു രാജാവ് അപ്പൊ സന്യാസി പറഞ്ഞു മനസ്സ് എന്തുകൊണ്ടാണ് അശാന്തമാവണത് പുറമേ നിന്നും എന്തെങ്കിലും വസ്തുക്കൾ അകമയ്ക്ക് വന്ന് വീഴുമ്പോ മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടാവുന്നു ആ ചാഞ്ചല്യം ഉണ്ടാകുമ്പോഴാണ് മനസ്സാന്തമാവുന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞു ഒരു മരകഥ വെള്ളത്തിൽ ഇറങ്ങി നദിയിൽ അത് വീണ സ്ഥലത്ത് നോക്കൂ ആ വെള്ളം എങ്ങനെ റിപ്പിൾസ് ഉണ്ടായി ഇതുപോലെയാണ് പുറമേ നിന്ന് വരുന്ന ഒരു വിഷയം ഉള്ളിൽ കിടക്കുമ്പോൾ ചാഞ്ചല്യം ഉണ്ടാവണത് രാജാവ് പറഞ്ഞു അയ്യോ സ്വാമി എത്ര വില പിടിച്ച രത്നമാണ് അത് വെള്ളത്തിലിട്ടുവല്ലോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങേ നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാ എറിഞ്ഞതെന്ന് വെച്ചാൽ പറയൂ നമ്മളുടെ ഭടന്മാർ എടുത്തു തരൂന്ന് പറഞ്ഞു മറ്റേത് എടുത്തിട്ട് എറിഞ്ഞു കാണിച്ചു കൊടുത്തു അതാ അവിടെയാണോ വ്യവഹാരം പ്രധാനമല്ലാതാവുമ്പോ വ്യവഹാരം പ്രധാനമാവണെങ്കിൽ ഇതിനെ വെച്ചുകൊണ്ട് എനിക്ക് വലുതും ഉപയോഗം ഉണ്ടെങ്കിൽ വേണം അല്ലെ രമണ മഹർഷി അവിടെ വരുന്ന മുന്തിരിപ്പഴം ആപ്പിൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കും പണമൊന്നും കൊണ്ടുപോകുന്ന വെച്ചാൽ അദ്ദേഹം തൊടില്ല എടുത്തോണ്ട് പോകും അദ്ദേഹം ശ്രദ്ധിക്കുകയില്ല ആശ്രമത്തിലുള്ളവർക്ക് വ്യവഹാരം ഉണ്ടല്ലോ അവര് കൊണ്ടുപോയി വേണ്ടതൊക്കെ ചെയ്യും അത് അദ്ദേഹം അപ്പൊ ഒരാൾ ചോദിച്ചു ഭഗവാൻ ഞങ്ങൾ കൊണ്ടുവരുന്ന പലഹാരങ്ങള് ഭക്ഷണങ്ങളൊക്കെ അങ് എടുക്കുന്നു അങ്ങ് കഴിക്കുന്നു എല്ലാവർക്കും കൊടുക്കുന്നു ഇത് പണം മാത്രം നിങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ എന്താ അങ്ങ് തൊടാത്തത് അത് തിന്നാൻ പറ്റില്ലല്ലോ അപ്പൊ ഭക്ഷണത്തിനുള്ള പദാർത്ഥമായത് കൊണ്ട് അത് എല്ലാവർക്കും കൊടുത്തു ഞാനും ഭക്ഷിക്കുന്നു ഇതിപ്പോ എല്ലാര്ക്കും കൊടുത്തിട്ട് തിന്നാൻ പറ്റുമോ ആർക്കും ഉപയോഗം ഉണ്ടോ അവരെടുത്തോണ്ട് പോകണു അതിൽ വിനോദമൊന്നുമില്ല അത് ഉപയോഗമുള്ള സാധനമാണ് ഈ പണം വിനിയോഗിച്ചിട്ടാണല്ലോ ആണ് ഭക്ഷണം വലതൊക്കെ കൊണ്ടുവരണത് ആ വിനിയോഗ സ്വത്തിനുള്ള കാര്യം അതിനും വേണ്ട വ്യവഹാരത്തിന് വ്യവഹാരത്തിന്റെ ഇമ്പോർട്ടൻസ് അതിന് എത്ര കണ്ട് പണം വേണം അത്രയൊക്കെ വേണം ഇപ്പൊ പണം വ്യവഹാരത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കണത് കൊണ്ട് അങ്ങനെ അത്രയേ ഉള്ളൂ അല്ലേ നാളെ ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എല്ലാവരും ധാരാളം ബ്ലാക്ക് മണി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിമേലാൽ ഈ വിനിമയം ചെയ്യുന്നത് പണം കൊണ്ടല്ല വേറെ എന്തെങ്കിലും ഒരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചോ എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച പണമൊക്കെ അടുത്ത ദിവസം അടുപ്പിലിടേ പേളു അല്ലെങ്കിൽ കടലെ പൊതിഞ്ഞു കൊടുക്കാനൊക്കെ ആയിരം രൂപയുടെ നോട്ടൊക്കെ കിട്ടും നമുക്ക് കപ്പലണ്ടി പൊതിഞ്ഞു തരാനായിട്ട് എന്താ നമ്മൾ ഇത്ര കാലം ഏത് വിലപ്പെട്ടതായോ അത് ഒരു ദിവസം കൊണ്ടെത്തി നിയമം അങ്ങോട്ട് മാറ്റിയാ ചിലപ്പോ അങ്ങനെയൊക്കെ ആവാം ഭയപ്പെണ്ട ആയാ അതേ വഴിയുള്ളൂ അത്രേ ഉള്ളൂ കപ്പലണ്ടി പൊതിയ ഇവിടുന്ന് സത്സംഗം കഴിഞ്ഞു പോകുമ്പോ പ്രസാദമൊക്കെ കൊടുത്താൽ അതൊക്കെ ആയിരം റുപ്യ നോട്ടിലൊക്കെ പൊതിഞ്ഞോണ്ട് പോവാം അത്രേ പറ്റുള്ളൂ ഇപ്പൊ അത് വ്യവഹാരത്തിനുള്ളത് കൽപ്പിച്ചിരിക്കുകയാണ് അതിൽ വ്യവഹാര പ്രാധാന്യം അതുകൊണ്ട് നമുക്കത് വളരെ ബലപ്പെട്ടതാണ് എവിടെങ്കിലും ഒരു വഴിയിൽ കിടന്ന എടുക്കും പെറുക്കിയെടുക്കും അല്ലെങ്കിലോ ഒരു യൂസും ഉണ്ടാവും അപ്പോ സമനോഷ്ടാശ്മഞ്ചന വ്യവഹാരത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കുകയോ ജീവിക്കുകയോ ഒക്കെ ചെയ്യും അതിൽ കൂടുതൽ ഇമോഷൻസ് അദ്ദേഹത്തിന് കാര്യമായിട്ടില്ലാത്തത് കൊണ്ടും രാഗദ്വേഷം ഒന്നിനോടും പറ്റില്ലാത്തത് സമബുദ്ധിയാണ് അയാൾ ആ ലക്ഷണങ്ങളെ നാളെ കാണാം നാളെത്വം കൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ഈ വർഷത്തെ യജ്ഞം പൂർത്തിയാവുകയാണ് നാളെ വൈകുന്നേരം വീണ്ടും ഇതേ സമയത്ത് തുടങ്ങാം ഫലാവനമൃത്കിരീട്ടം ഫാളനേത്രാർശിഷദഗ്ധപഞ്ചു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദ ശംഭോ ശംഭോ മഹാദേവേവ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാതരംഗാഭരാമോത്തമാകാരണീകുരംഗം സിദ്ധസംസേവിതൃ്രിം ഭജേ മാർഗന്ധം ശംഭോ മഹാദേവദിഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവദേവ നിിന്ദ്രൂപം നിന്ഷലോകേശ വൈരി പ്രതാ കാ കത്തഗേന്ദ്രപത്തിവാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദ ശംഭോ ശംഭോ മഹാദേവേവ കർപ്പർപ്പമീശ മഹേശം മഹാവ്യോമകേശം കുന്തേശ കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവ മന്ദാരൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാേപ്പുഖിന് സന്തു High, else, orитай, God, േ സന്തു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭാഗ് ഭവത് യോ മമാത്മാവസി മേവ തോന്നും മമ കിഞ്ചിസ്തിയേഷ്ടത്മനം ഭത്രമസീർത്തീകാത്ത ഹര നമ പാർവതീ പതേ ഹര